തീർച്ചയായും അള്ളാഹു സുബഹാനഹൂവ ചായാല ആണ് വിത്തുകളെയും കുരുക്കളെയും പിളർത്തുന്നത് അവൻ മരിച്ചതിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തെടുക്കുന്നു ജീവനുള്ളതിൽ നിന്നും മരിച്ചതിനെയും പുറത്തെടുക്കുന്നു അതാണ് അള്ളാഹു സുബഹാനഹൂവറ്റായാലിട്ടും നിങ്ങൾ എങ്ങനെയാണ് വഴിതെറ്റിക്കപ്പെടുന്നത്